അള്ളാഹു സുബാനഹു വയല ഒരു മനുഷ്യനോടും സംസാരിക്കുന്നത് ദിവ്യബോധനത്തിലൂടെയോ അല്ലെങ്കിലൊരു മറക്കു പിന്നിലൂടെയോ അല്ലെങ്കിലൊരു ദൂതനെ അയച്ച് അവൻറെ അനുമതിയോടെ അവനുദ്ദേശിക്കുന്നത് അറിയിച്ചു കൊടുക്കുകയോ ചെയ്തല്ലാതെ ആയിരിക്കില്ല തീർച്ചയായും അവൻ ഉന്നതനും യുക്തിമാനുമാകുന്നു